ആ ഭഗവാനെ ശരണാഗതി ചെയ്യുമ്പോ ആ ഭഗവാന്റെ കൃപ കൊണ്ട് പ്രസാദം കൊണ്ട് ശാന്തി പരമമായ ശാന്തി ശാശ്വതമായ ശാന്തി ഒരിക്കലും വിട്ടുപോവാത്തതായ ആത്മാനുഭവത്തിനെ പ്രാപിക്കും അതാണ് സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം എന്ന് പറഞ്ഞത് ഇത്രയും നേരം ഭഗവാൻ ഉപദേശിച്ചത് ഭക്തിയാണോ കർമ്മമാണോ യോഗമാണോ എന്താണ് ഉപദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയണു അടുത്ത ശ്ലോകം നോക്കുക ഗീത ഉപദേശിച്ച ആള് തന്നെ പറയാണ് ഗീതയിലെ വിഷയം എന്താണ് ഗുഹ്യത് ഗുഹ്യതരം വിമർശദശേഷേണ യഥേച്ഛസി ത ഈതിതേ ജ്ഞാനം ആഖ്യാതം രഹസ്യമായ ജ്ഞാനത്തിനെ ഞാനിതാ നിനക്ക് ഉപദേശിച്ചിരിക്കുന്നു ആത്മജ്ഞാനത്തിനെ ഞാനിതാ അർജുന നിനക്ക് ഉപദേശിച്ചിരിക്കുന്നു ഇത് നീ അപ്പടി എടുത്തോളണം എന്ന് ഞാൻ പറഞ്ഞില്ല അതേപടി നീ സ്വീകരിച്ചോളണം എന്ന് പറഞ്ഞില്ല വിമർശ നല്ലവണ്ണം വിചാരം ചെയ്തു നോക്കി നല്ലവണ്ണം തെളിഞ്ഞ അനുസന്ധാനം ചെയ്തു നോക്കി ആലോചനം കൃത്വ അശേഷമായിട്ട് നല്ലവണ്ണം ശാസ്ത്രത്തിന് ആചാര്യ ഉപദിഷ്ടമായ ശാസ്ത്രത്തിന് ഏകാന്തത്തിൽ ഇരുന്ന് അനുസന്ധാനം ചെയ്ത് മനനം ചെയ്ത് നിധിത്യാസനം ചെയ്ത് ഈ രഹസ്യമായ ഗോപ്യമായ വിദ്യയെ രഹസ്യമെന്ന് പറയാൻ കാരണം അനുഭൂത്യക പറഞ്ഞാൽ കൊണ്ട് മാത്രം മനസ്സിലാവില്ല നമ്മൾ അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതാണ് ഗുഹ്യാത് ഗുഹ്യതരം എന്ന് പറഞ്ഞത് എല്ലാ രഹസ്യങ്ങളെക്കാളും വലിയ രഹസ്യം എന്നൊക്കെ പറയാൻ കാരണം അങ്ങനെ പറയണത് അനുഭവം കൊണ്ട് മാത്രം അറിയും അല്ലാതെ ഇതിങ്ങനെ വെച്ച് ഗ്രാമർ നോക്കി ഗീത ആർക്കാ പഠിക്കാൻ പറ്റാത്തത് അല്ലേ നെറ്റിലൂടെ പഠിച്ചേക്കാം വെബിലൂ സ്കൈപ്പിലൂടെ പഠിക്കാം ഒക്കെ പഠിക്കാം പക്ഷെ അത് ഗീത അധ്യയനമാവില്ല അതീവ രഹസ്യമായി വിദ്യ ഗുരുസമ്പ്രദായ പരമ്പരയിൽ വരേണ്ടതായി വിദ്യ നിനക്ക് ഞാൻ ഉപദേശിച്ചിരിക്കുന്നു ഇതിനെ നീ മനനം ചെയ്തിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ അനുസരിക്കൂന്നൊന്നും പറഞ്ഞില്ല യഥേസിരു വേണമെങ്കിൽ ചെയ്തോളാ ഇല്ലെങ്കിൽ വേണ്ട സമസ്തം അർത്ഥജാതം യഥാ ഈച്ഛസി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ചെയ്യൂ കംപ്ലീറ്റ് ഫ്രീഡം ആണ് അറിഞ്ഞിട്ട് അനുസരിക്കൂ എന്നൊന്നും പറഞ്ഞില്ലേ വേണ്ട യഥേച്ഛസിന്ന് ഭഗവാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് തീർന്നില്ല ഇനിയൊരു കാര്യം കൂടെ പറയാനുണ്ട് അർജുനോട് ഭഗവാൻ നിനക്ക് എന്നോട് ഭക്തി ഉള്ളതുകൊണ്ട് എന്നോട് നിനക്ക് പ്രിയമുള്ളതുകൊണ്ട് നീ എനിക്ക് സഖാവായതുകൊണ്ട് ഞാൻ നിനക്കൊന്നുകൂടെ പറഞ്ഞു തരാം എപ്പോ ഒരു ജീവന് പരിപൂർണ സമർപ്പണം ഈശ്വര സമർപ്പണം വന്നു ശ്രദ്ധയും ഭക്തിയും വന്നു എപ്പോ അയാൾക്ക് ആലംബമായിട്ട് പൂർണമായ ഒരു വസ്തുവിനെ പിടികിട്ടിയോ അപ്പൊ പിന്നെ അയാൾ ഇടം വല നോക്കേണ്ട ആവശ്യമില്ല സർവവും വിട്ടങ്ങി ശരണാഗതി ചെയ്യാം അതിന് തയ്യാറെടുപ്പ് അവസാന വാക്കാണ് ഗീതയുടെ അതാണ് സന്യാസധർമ്മം എന്ന് പറഞ്ഞത് രണ്ടു കൈയും വിട്ട് മലയുടെ മേലെന്ന് ചാടുന്ന പോലെയാന്ന് പറഞ്ഞു രാമകൃഷ്ണദേവൻ ആ ഒരു ആശയത്തിനെ പറയാണ് സർവഗുഹ്യതമം ഭൂയുമേ പരമം വചിമേ ദൃഢമിതി തത്തോവക്ഷ്യാമിതേ ഹിതം ഇത്രയും ഗീത കേട്ട ആളുകളോട് ഗുരുവായൂരപ്പന് എന്താ ഭാവം അപ്പം നമ്മൾക്ക് ഗുരുവായൂരപ്പൻ ഇഷ്ടമൊക്കെയാണ് അപ്പം ഗുരുവായൂരപ്പന് നമ്മളോട് എന്താ ഭാവം എന്ന് വെച്ചാൽ ഇഷ്ടോസിമേ ഭഗവാൻ പറഞ്ഞു നീ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവനാണ് നമ്മൾ ഓരോരുത്തരോടു ഭഗവാൻ പറയണത് ദൃഢം ഇഷ്ടോസിമേ നിനക്ക് ദൃഢമായ പ്രിയം എൻ്റെ അടുത്തുണ്ട് എനിക്ക് തന്നോടും ദൃഢമായ പ്രിയമുണ്ട് ഭാഗവതത്തില് ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോ ഉദ്ധവരോട് പറഞ്ഞു ഹേ ഉദ്ധവ ന തഥാമേ പ്രിയതമ ആത്മയോനി ന ശങ്കരഹ ന സംഘർഷനോ ന ശ്രീഹി നത്മാ യഥാഭവാൻ ഈ ഭാഗവതം കേൾക്കാൻ പ്രിയമായിട്ടിരിക്കുന്ന ഉദ്ധവരെ കണ്ടപ്പോ ഭഗവാൻ പറയാണ് ഹേ ഉദ്ധവ എനിക്ക് ബ്രഹ്മാവിനോട് പ്രിയമില്ല ശിവനോടത്ര പ്രിയമല്ല സങ്കർഷണനോട് അത്ര എന്തിനു പറയണു തിരി അങ്ങട് ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു മഹാലക്ഷ്മിയോട് പോലും അത്ര പ്രിയമില്ലാട്ടോ എനിക്ക് എന്നോട് പോലും അത്ര പ്രിയമില്ലാട്ടോ തന്നോട് അത്ര ഉണ്ടോ അത്തോ കാരണം എന്താണെന്ന് വെച്ചാൽ ത്വം ഭാഗവതേഷ്വാഹം നീ വേറെയല്ല ഞാൻ വേറെയല്ല നീ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് നീ ത്വമേവാഹം ഇത് പറയും വേഗനാഥസ്വാമി പറഞ്ഞു രണ്ട് കൈയ്യോട് ഉപദേശിച്ചുകൊണ്ടിരുന്ന കൃഷ്ണന് നാല് കൈ വന്നു അത്ര എന്തിനാന്ന് വെച്ചാൽ ഉദ്ധവനെ ആലിംഗനം ചെയ്യാണ് ത്വം ഭാഗവതേഷ്വാഹം അപ്പൊ ആ പ്രിയം ഇവിടെ എന്തുകൊണ്ട് ഭാഗവതനാണ് ഏതാനന്ദ സമുദ്ര സംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം ഭാഗവതനായിട്ട് ഉപദേശിച്ചു ഇപ്പൊ അർജുനനും ഇവിടെ ഭഗവത്ഗീത കേട്ടതുകൊണ്ട് ഭാഗവതനായി കഴിഞ്ഞു ആ ഭാഗവതനായതുകൊണ്ട് ഇഷ്ടോ സിമേൻ എനിക്ക് വളരെ ഇഷ്ടാണ് ദൃഢം ഇഷ്ടോ അതുകൊണ്ട് ആർക്ക് നമ്മൾക്ക് ആരെ ഇഷ്ടമാണോ അവർക്ക് പ്രിയമായിട്ടുള്ളത് ചെയ്താൽ പോരഹിതമായിട്ടുള്ളത് ചെയ്യണം അവർക്ക് എന്താണോ നല്ലത് അത് നോക്കി ചെയ്യണം അവർക്ക് എന്താണോ വാസ്തവത്തിൽ ഗുണം ചെയ്യുക അത് നോക്കി ചെയ്യണം അല്ലാതെ പ്രിയമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് നാശം വരുന്നത് ചെയ്യരുത് അല്ലേ അപ്പൊ ഭഗവാൻ പറയുകയാണ് തനിക്ക് ഹിതം എന്താണ് ഞാൻ പറയാം ഇത് ഗീതം മുഴുവൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിപ്പോൾ പറയാം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ വിശ്വാസം ശ്രദ്ധയും ഒക്കെ പരീക്ഷിച്ച് ഇയാളെ ശരണാഗതിക്ക് തയ്യാറാണെങ്കിൽ ഗുരുവായൂരപ്പൻ പറഞ്ഞു ഇത്രയും നേരം ഉപദേശിക്കൂ ഉപദേശിച്ചു കർമ്മത്തിനെ യോഗമാക്കി ചെയ്യൂ അർജുന മെഡിറ്റേഷൻ ചെയ്യൂ പ്രാണായാമം ചെയ്യൂ ദ്രവ്യയജ്ഞം ചെയ്യൂ ജ്ഞാനയജ്ഞം ചെയ്യൂ ശാസ്ത്രത്തിനെ അധ്യയനം ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്തൊക്കെയോ പറഞ്ഞു ഇനിയിപ്പൊ അവസാനം ഭഗവാൻ നോക്കി പാവം ഒന്നും വയ്യ എന്തൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് പാവം ബുദ്ധിമുട്ടിക്കണത് നല്ല വിശ്വാസമുണ്ട് ശ്രദ്ധയുണ്ട് വിളിച്ചാൽ അങ്ങോട്ട് പോരും ഇനിയിപ്പൊ ഇയാളുടെ അടുത്ത് പോയിട്ട് ഈ കാര്യമൊന്നും പറഞ്ഞ് വിഷമിക്കരുത് അതുകൊണ്ട് സർവഗുഹ്യതമം ഏറ്റവും വലിയ കാര്യം രഹസ്യം അതുകൊണ്ട് തനിക്ക് ഹിതമായിട്ടുള്ളത് തനിക്ക് നല്ലത് വരണമെന്ന് പറഞ്ഞ് സർവഹിതാനാം ഹിതതമം ശങ്കരാചാര്യർ പറഞ്ഞു ഹിതകരമായിട്ടുള്ളതിലൊക്കെ വെച്ച് ഏറ്റവും ഹിതതമമായിട്ടുള്ളത് പറയാം എന്താ ഭക്തോ മദ്യൂ മാമേശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ ഭഗവാൻ പിന്നെയും പറഞ്ഞു ഹേ അർജുന അർജുനന് വിശ്വാസം പോരാ ഉദ്ധവന്റെ അത്ര പോരാ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഞാൻ പ്രതിജ്ഞ ചെയ്യാണ് എന്നോട് വാക്ക് തരിക എന്താ അറിയോ പ്രിയോസിമേന്ന് നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ അർജുനനോട് പിന്നെയും ഒന്ന് പറയാ താൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവൻ പ്രിയപ്പെട്ടവനാണ് അർജുന മന്മനാഭവ് എന്റെ മനസ്സിനെ എനിക്ക് തരൂ എന്റെ അടുത്ത് പ്രിയം വയ്ക്കൂ എന്നിൽ നിന്ന് വിഭക്തിയോടെ നിക്കരുത് രണ്ടായിട്ട് നിക്കരുത് ഒന്നായിട്ട് എല്ലാം തന്റെ കർമ്മങ്ങളെയൊക്കെ എനിക്ക് യജനം ചെയ്യൂ മാം നമസ്കുറു എനിക്ക് ശരണാഗതി ചെയ്യൂ എനിക്ക് നമസ്കരിക്കൂ നീ എന്നിൽ തന്നെ വന്നു ചേരും അർജുന മാമേവ യേശസി സംശയണ്ടോ സത്യം തേ പ്രതിജാനേ ദേവികാലോത്തരത്തില് ശിവൻ ഉപദേശിച്ചു പറഞ്ഞു സത്യം സത്യം സത്യം എന്ന് മൂന്ന് സത്യം സാക്ഷേൻ ഒരു സത്യം പോരാതെ സത്യം സത്യം സത്യം എന്ന് പറഞ്ഞു അതുപോലെ ഭഗവാനിവിടെ പറഞ്ഞു സത്യം തേ പ്രതിജാനെ തനിക്ക് ഞാനിതാ ഉറപ്പ് തരാണ് സത്യം പ്രതിജാനെ പ്രിയോസിമേ സർവസമർപ്പിത സാധ്യ സാധന പ്രയോജനവും മാമേവ എല്ലാ കർമ്മങ്ങളും സാധനങ്ങളും എനിക്ക് ഇങ്ങോട്ട് കയ്യിൽ എഴുതി തരാ എഴുതി തന്നെ ഞാൻ നോക്കിക്കൊള്ളാം തന്നെ കാര്യം തന്നെ ഞാനിതാ ഫ്രീ ആക്കി വിട്ടിരിക്കുന്നു അർജുന എനിക്ക് തന്നേക്കൂ എങ്ങനെ ഭഗവാനെ എന്താ തരേണ്ടത് അതാണ് അടുത്ത ശ്ലോകം ഗീതയുടെ സാരവത്തായ ശ്ലോകം സർവധർമാൻ പരിത്യജ മാമേകം ശരണം അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശ്ലോകത്തിന്റെ അർത്ഥം ശ്രീരാമാനുജാചാര്യരുടെ അടുത്ത് ഒരു വലിയ പണ്ഡിതൻ എനിക്ക് ഉപദേശിക്കൂ എന്ന് പറഞ്ഞു രാമാനുജാചാര്യർ ആ വിദ്വാൻ മഹാവിദ്വാൻ മഹാപണ്ഡിതനെ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ മകളെ കല്യാണം കൊഴിച്ച കഴിച്ചു കൊടുത്ത വീട്ടില് ആ മകള് വന്ന് കംപ്ലൈന്റ് പറഞ്ഞു വെള്ളം കോരാൻ ആളില്ല വളരെ വിഷമം ഒരുപാട് ദൂരത്ത് പോയി കെനറ്റൊന്ന് വെള്ളം കൊണ്ടുവരേണ്ടി വരുന്നു അടിച്ചു തെളിക്കാനും ഒക്കെ വളരെ ശരീരത്തിന് വയ്യ ഞാൻ എന്തു ചെയ്യും അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ രാമാനുജന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു തന്നു അപ്പൊ രാമാനുജൻ ഉടനെ ഈ പണ്ഡിതൻ ഈ സർവധർമാൻപരിത്യജുന്ന ശ്ലോകത്തിന്റെ അർത്ഥം വ്യാഖ്യാനം ചോദിച്ചപ്പോൾ ഒരു ക്ലാസ് കൊണ്ട് തീരേണ്ട കാര്യമാണ് അയാളെങ്ങനെ നോക്കി മിണ്ടാതെ തൻ്റെ രാമാനുജന്റെ ഗുരുവിൻ്റെ മകൾ കല്യാണം കഴിഞ്ഞു പോയ വീട്ടില് ഈ മഹാവിദ്വാൻ സർവധർമാൻ പരിത്യ ചെയ്യുന്ന ശ്ലോകത്തിന്റെ അർത്ഥമറിയാനായിട്ട് അടിച്ചു തെളിക്കുകയും വെള്ളം കോരി ഒഴിക്കുകയും ഇതൊക്കെ ചെയ്ത് കാലം താമസിച്ചു താമസി കഴിഞ്ഞ് ആ വീട്ടില് വേറെ ഒരാൾ ഗീത പഠിക്കാൻ വരും ഗീത പറഞ്ഞോ അതിൽ അങ്ങനെ എന്തോ ഒരു സന്ദർഭമൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം അവിടെ വെച്ചിട്ട് ഇദ്ദേഹം അവർക്ക് അറിയാൻ വരും ഇദ്ദേഹം മഹാവിദ്വാൻ ആണെന്നൊക്കെ അറിയാം വന്നു കഴിഞ്ഞ് രാമാനുജനടുത്ത് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരും എന്നിട്ടാണ് ഉപദേശിക്കുന്നത് എന്തിനു പറയണ എന്ന് വച്ചാൽ ഈ ഒരു ശ്ലോകാർത്ഥം പഠിക്കാനായിട്ട് ഇത്രയൊക്കെ മെനക്കെടുന്നു നമുക്കിതപ്പോ ഇതിൽ കമന്ററി നോക്കിയാൽ അറിയാം അല്ലേ കമന്ററി നോക്കിയാൽ അറിയാം ജീവിതവുമായിട്ട് മൗൾഡ് ചെയ്ത് വിളക്കി ചേർക്കുകയാണെ അത് വെറുതെ ശ്ലോകത്തിന് അർത്ഥം വേർബലി നോക്കിയാൽ ആർക്കാ മനസ്സിലാവാത്തത് ഒരു ശ്ലോകാർത്ഥം അറിയാനായിട്ട് ഒരു സംബന്ധമില്ലാതെ സന്യാസി ആയിട്ടുള്ള ഒരാളെ പോയിട്ട് പണിയെടുപ്പിക്കണം സച്ചിദാനന്ദ സ്വാമി ഒരിക്കലും എന്നോട് പറഞ്ഞു ആനന്ദാശ്രമത്തിലെ മാതാജി ഒരിക്കൽ ഏതോ ഭക്തന്റെ വീട്ടില് അവരുടെ മകള് പ്രസവിച്ചു കിടക്കുമ്പോ പ്രസവം കഴിഞ്ഞിട്ട് ആ കുട്ടിയെ നോക്കാനോ ആ ഭർത്താവ് ജോലിക്ക് പോകുമ്പോ പാചകം ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ കുറച്ചു കാലം മാതാജി അവിടെ കൊണ്ടു വരുത്തിയത്രേ സന്യാസിയെ സന്യാസിയായിട്ടുള്ള ആള് എന്തിനാന്ന് വെച്ചാൽ ഒരു വിധത്തിലുള്ള അഭിമാനത്തിന്റെ ലേശം ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തീറി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവര് രാമകൃഷ്ണദേവനെ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ സാധനങ്ങൾ ചെയ്തു എന്തിനാന്ന് വെച്ചാൽ എവിടെ എവിടെ എവിടെയൊക്കെയാ പോയി കിടക്കണമെന്നറിയില്ല നമ്മളുടെ ഭാവയെ അതങ്ങട്ട് തുടച്ചു നീക്കാനായിട്ട് അപ്പൊ ഈ ശ്ലോകാർത്ഥം വളരെ ഗൂഢമാണ് ഈ അവസാന ശ്ലോകം ഭഗവാൻ സർവധർമാൻ പരിത്യജ എന്ന് പറഞ്ഞു ധർമ്മം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രകൃതി നമ്മളുടെ സ്വഭാവം അതാണ് ധർമ്മം അല്ല ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനെ വിട്ടിട്ട് നടത്തമല്ലേ ധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളാണ് ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു എനിക്കെങ്ങനെ ജ്ഞാനം വരും നീ ചത്തു പോകും ഹരിദ്വാറിൽ പരമാർത്ഥന കേടുത്തുണ്ടായിരുന്ന സ്വാമിയാണ് പലരും പറയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും ചോദ്യമേ ചോദിക്കാൻ പോയില്ല ഉപദേശാണേ നീ ഇല്ലാതായിട്ട് തീരൂ എന്നാണ് നീ ഇല്ലാതായിട്ട് തീരണതാണെന്ന് എനക്ക് ശ്രേയസ്കരമെന്ന് അഭിമാനം ഇല്ലാതായിട്ട് തീരും അഹങ്കാരം ഇല്ലാതായിട്ട് തീരട്ടെ നീ എന്തൊക്കെ ഹോൾഡ് പിടിച്ചുകൊണ്ടിരിക്കണോ അത് മുഴുവൻ വിട്ടുകളെ ഓർത്തു സർവ്വധർമാൻ പരിത്യജ്യ ഞാൻ ഇങ്ങനെ അങ്ങനെ ഞാൻ അത് ചെയ്യണുടും മാമേകം ശരണം വരച്ച ഈ അന്തർയാമിക്ക് ശരണാഗതി ചെയ്യൂ മുമ്പ് പറഞ്ഞ പോലെ തമേവ ശരണം ഏകം മാം എന്ന് വെച്ചാൽ മറ്റുള്ളതിനെ ഒന്നും ശരണാഗതി ചെയ്യരുത് വേറെ ഒരു സ്ഥലത്തും അറ്റൻഷൻ പോകരുത് അന്തര്യാമിയായ ഭഗവാന് പരിപൂർണമായിട്ട് ശരണാഗതി അങ്ങനെ ചെയ്താലോ ത്വാ നിന്നെ സർവപാപേഭ്യഹ എന്തൊക്കെ നിന്റെ ഉള്ളിൽ കുഴപ്പമുണ്ടോ അതൊന്നൊക്കെ മോക്ഷയിഷ്യാമി ഞാൻ വിടുവിക്കും സ്വതന്ത്രനാക്കും മാ ശുച ഭയപ്പെടേണ്ട ശോകം നീ ദുഃഖിക്കരുത് നീ വിഷമിക്കരുത് നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി തീർക്കും എന്ന് ഭഗവാൻ പറഞ്ഞു ഇത്ര കൊണ്ട് ഗീതാർത്ഥം പരിപൂർണമാവുകയാണ് സിദ്ധാന്തം ഇവിടെ പ്രതിപാദനം ചെയ്യപ്പെടുകയാണ് സർവധർമ്മങ്ങളും പരിത്യജിക്കപ്പെടുമ്പോ ഉപാധിയിലുള്ളതൊക്കെ വിട്ടുകഴിയുമ്പോൾ കേവലമായ ചിന്മാത്രമായ അദ്വൈതമായ സത്യം മാത്രമേ അവശേഷിക്കുകയുള്ളൂ ഈ ശ്ലോകത്തിന് ആചാര്യസ്വാമി വിസ്താരമായിട്ട് ഭാഷമെഴുതിയിട്ടുണ്ട് ഈ ശ്ലോകത്തോടുകൂടെ ഗീതയിൽ ഭഗവാൻ തനിക്ക് പറയേണ്ടതൊക്കെ പറയുകയാണ് ഈ ശ്ലോകം വാസ്തവത്തിൽ നമ്മൾ ഒരുപാട് വിസ്തരിക്കാം പക്ഷേ വിസ്തരിക്കാം ഒന്നാമത് സമയമില്ല രണ്ടാമത് ഉദ്ദേശിച്ചില്ല നമ്മൾ ജീവിതം കൊണ്ട് വ്യാഖ്യാനം ചെയ്യേണ്ടതാണ് ഈ ശ്ലോകം വളരെ വിസ്താരമായി ഭാഷ്യമെഴുതപ്പെട്ടതാണ് ഈ ശ്ലോകം ജീവിതം കൊണ്ട് ർത്ഥം മനസ്സിലാക്കണം സർവധർമാൻ പരിത്യജ്യമേകം ശരണം വ്രച അഹം ത്വാപാപേ മോക്ഷയിഷ്യാമി ഹേ അർജുന ഗീതയുടെ അവസാന വാക്ക് മാ ശുചഹ ശോകം മാ കാർഷി നമുക്കൊക്കെ ഉള്ള ഭഗവാന്റെ ഒരു ആശീർവാദമാണ് ദുഃഖിക്കരുത് ശോചിക്കരുത് ശോകം മാ കാർഷീ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു വിധിച്ചു ഈ ഗീതാശാസ്ത്രത്തിന് സർവം ഗീതാശാസ്ത്രം ഉപസംഹൃത്യ അസ്മൻ അധ്യയ വിശേഷാസ്ത്രാർത്ഥദാർഢ്യയ സംക്ഷേപത ഉപസംഹാരം കൃത്യ അഥ ഇതീം ശാസ്ത്രസംപ്രദായ വിധിം ആഹ ഈ ഒരു ശ്ലോകത്തില് ശാസ്ത്രത്തിന് അർത്ഥം മുഴുവൻ സംഗ്രഹിച്ചു പറഞ്ഞിട്ട് ഈദാർത്ഥം മുഴുവൻ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ട് ശാസ്ത്രസംപ്രദായത്തിനെ പറയാണ് ഈ ശാസ്ത്രത്തിനെ തപസ്സില്ലാത്ത ആൾക്ക് പറഞ്ഞുകൊടുക്കരുത് ഭക്തിയില്ലാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കരുത് ഇത് ശ്രവണം ചെയ്യാൻ ഇച്ഛയില്ലാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കരുത് ആരാണോ ശുശ്രൂഷുവായിട്ടുള്ളത് ആരാണോ തപസ്വിയായിട്ടുള്ളത് ആരാണോ ഭക്തനായിട്ടുള്ളത് അയാൾക്ക് വേണം ഈ ശാസ്ത്രാർത്ഥം പറഞ്ഞു കൊടുക്കാൻ ആരാണോ ഇതിനോട് അസൂഹയുള്ളത് ഇതൊന്നും ഞാൻ കേൾക്കില്ല ഇതിനേക്കാളും നന്നായിട്ട് എനിക്ക് അറിയാം എന്നൊക്കെ ഉള്ളിൽ ചിന്തിക്കുന്നവന് പറഞ്ഞു കൊടുക്കരുത് ഇതിനെ ഭക്തന് പരമഭാഗവതനായിട്ടുള്ളവന് ശ്രദ്ധയുള്ളവന് ഗുരുഭക്തിയുള്ളവന് സേവാതല്പരനായിട്ടുള്ളവന് അഭിമാനമില്ലാത്തവന് അടങ്ങി കേൾക്കാൻ തയ്യാറായിട്ടുള്ളവൻ ആര് പറഞ്ഞു കൊടുക്കുന്നു അയാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് അർജുന എന്നാണ് പറഞ്ഞത് യൈമം പരമം ഗുഹ്യംഭക്തേഷു അഭിദാസ്യത ഭക്തിമൈ പരാം മാമേശ്യത്യസംശയം പരമം ഗുഹ്യം ഇത്രയും രഹസ്യമായിട്ടുള്ള ഗുഹ്യമായിട്ടുള്ള ഈ ഗീതാശാസ്ത്രത്തിന് ആരാണോ എന്റെ ഭക്തന്മാർക്കായിട്ട് കൊടുക്കുന്നത് എന്നിൽ പരമഭക്തി ചെയ്തുകൊണ്ട് ഭക്തിയോടുകൂടെ ആരിത് കൊടുക്കുന്നു അവനും എന്നെ തന്നെ വന്ന് പ്രാപിക്കും ഹേ അർജുന ഇതില് സംശയമില്ല എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ചേർക്കുകയാണ് തസ്മാന്ഷ്യേഷിന്മേ ഭ അന്യതോ ഭു ഈ ശാസ്ത്രസംപ്രദായത്തിന് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യാതൊരു ഭക്തനുണ്ടോ ആ ഭക്തനേക്കാളും പ്രിയകരനായിട്ട് പ്രിയങ്കരനായിട്ട് എനിക്ക് വേറെ ആരുമില്ല അർജുന അവനേക്കാളും പ്രിയങ്കരനായിട്ട് എനിക്ക് വേറെ ആരും ഉണ്ടാവുകയുമില്ല ഇതിൽ സംശയമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഷ്യത്തെ ചയം ധർമ്മ്യം ജ്ഞാനജ്ഞേനേനാഹം ഇഷ്ടീ ഗീതാശാസ്ത്രത്തിന് ജ്ഞാനജ്ഞമായിട്ട് അതായത് ഭക്തിയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഇതിന്റെ ശാസ്ത്രാർത്ഥനിർണയത്തിനായിട്ട് ഒരു യജ്ഞഭാവനയോടുകൂടെ ഇതിനെ ആര് പഠിക്കുന്നുവോ അധ്യയനം ചെയ്യുന്നുവോ അവന് ഞാൻ അനുഭൂതിയിൽ വരും അവനെ എന്നോട് ഭക്തിയുണ്ടാവും എന്നുള്ളത് എന്റെ നിശ്ചയമായ അഭിപ്രായമാണ് ഹേ അർജുന ഇതിൽ സംശയമില്ല ശൃപിയോ നരഹാം സോപിമുക്ത ശുഭാൻ ലോകാൻ പ്രാപ്നുയാണ്യകർമ്മ ശ്രദ്ധയോടുകൂടെ അസൂയയില്ലാതെ ഭക്തിയോടുകൂടെ ആരാണോ ഈ ഗീതാശാസ്ത്രത്തിനെ കേൾക്കുന്നത് അവനും മുക്തനായി ഉയർന്ന ലോകങ്ങളെ ഭഗവത് പ്രാപ്തിയെ നേടും എന്നുള്ളതിൽ സംശയമില്ല ഇതാണ് പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് അർജുനനോട് ഭഗവാൻ ചോദിച്ചു കച്ചിതേ താർത്ഥ ണേതസാം ഹേ അർജുന ഇത് നല്ലവണ്ണം നീ കേട്ടുവോ ഏകാഗ്രമായിട്ട് ശ്രവിച്ചുവോ നിന്റെ അജ്ഞാനം ആകുന്ന മോഹം ഉള്ളിൽ നിന്നും മറഞ്ഞുവോ ഹേ ധനഞ്ജയ ധാരാളം യത്നം ചെയ്ത് ധനം സമ്പാദിച്ചിട്ടുള്ള ആളാണ് ഇപ്പൊ ജ്ഞാനം ഉള്ളിൽ പ്രസന്നമായി തെളിഞ്ഞു വന്നു അർജുന എന്ന് ചോദിക്കുകയാണ് അർജുനൻ കണ്ണീര് വിട്ടുകൊണ്ട് പ്രിയത്തോടു കൂടെ ഭക്തിയോടുകൂടെ ഭഗവാന്റെ ചരണത്തിൽ വീണുകൊണ്ട് പറയാണ് നഷ്ടോ മോഹസ്മൃതിർലബ്ധാം പ്രസാദാത്മയാച്ഛതാം സ്ഥിതോസ്മി ഗതസന്ദേഹരിഷ്യേ വചനം തവ ഹേ ഭഗവൻ എന്റെ മോഹമൊക്കെ പോയിരിക്കുന്നു മറന്നുപോയ എന്റെ സ്വരൂപത്തിനെ ഞാൻ ഇതാ വീണ്ടും ഓർത്തിരിക്കുന്നു സ്മൃതിർലബ്ധം ത്വദാദ് ഹേ ഭഗവൻ അവിടുത്തെ കൃപ എനിക്ക് ആത്മസ്മൃതി വീണ്ടും ജാഗ്രതമായിരിക്കുന്നു സ്ഥിതോസ്മി ഗതസന്ദേഹ സംശയം പോയിട്ട് ഞാൻ ഇതാ റെഡി ആയിട്ട് എഴുന്നേറ്റ് നിന്നിരിക്കുന്നു ചിലർ പറയും ഗതോസ്മി സ്ഥിതസന്ദേഹ് സംശയം ബാക്കി നിൽക്കുന്നു ഞാൻ പോണുന്നു അങ്ങനെ പറയാൻ വേണ്ട സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവണ അങ് എന്താ പറയണ എന്ന് വെച്ചാൽ അവിടുത്തെ വാക്കനുസരിച്ച് അന്തര്യാമിയായി അവിടുന്ന് എന്തു പറയണോ അതാണ് ധർമ്മം അതിൽ എന്റെ ഇച്ഛ എന്റെ സങ്കല്പമൊന്നുമില്ല ആ അന്തര്യാമിയായ അവിടുത്തെ വാക്കിനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇതാ നിൽക്കുന്നു എന്റെ മോഹം ഉള്ളുന്നു പോയിരിക്കുന്നു ആത്മവിഷയാ സ്മൃതിഹി ലബ്ധ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ ഉള്ളിലുള്ള അജ്ഞാന ഗ്രന്ഥിയൊക്കെ പൊട്ടിപ്പോയിരിക്കുന്നു ആത്മജ്ഞാനം പ്രകാശിച്ചിരിക്കുന്നു അനേന മോഹനാശപ്രശ്ന പ്രതിബന്ധ പ്രതിവചനേന് സർവശാസ്ത്രാർത്ഥ ജ്ഞാനഫലം ഏതാവത് ഏവ ഇതിനിശ്ചിതം സർവശാസ്ത്രാർത്ഥത്തിന്റെയും പ്രതിഫലം ഈ അജ്ഞാനവും മോഹവും നശിക്കലാണെന്ന് തീരുമാനമായി ഇങ്ങനെ തഥാചശ്രുതവും അനാത്മവി ശോചാമി ആത്മജ്ഞാനം ഇല്ലെങ്കിൽ ശോകണ്ടും ആത്മജ്ഞാനം വന്നാൽ ശോകം പോയി ആത്മജ്ഞാനമാണ് ശോകത്തിനുള്ളവരെ ഒരു മരുന്ന് എന്നുള്ളത് ഗീത ഇവിടെ പറഞ്ഞ് അവസാനിക്കുകയാണ് ഇത്രയും പറഞ്ഞിട്ട് അവിടെ ധൃതരാഷ്ട്രർക്ക് ഈ കാര്യം പറഞ്ഞുകൊടുത്ത സഞ്ജയൻ പറയുന്നു മഹാത്മന സംവാദമിമ അശ്രൌഷം അദ്ഭുതം രോമഹർഷണം ഇങ്ങനെ ഞാൻ പാർത്ഥന്റെയും വാസുദേവന്റെയും അദ്ഭുതമായ രോമാഞ്ചമുണ്ടാക്കുന്നതായ ആ സംവാദം ഞാൻ കേട്ടു ഞാൻ കണ്ടു ഞാൻ അവിടുത്തോട് പറഞ്ഞു രോമഹർഷണം എന്റെ ശരീരത്തില് രോമഹർഷണം ഉണ്ടാവുകയാണ് ഇതെങ്ങനെ കേൾക്കാൻ കഴിഞ്ഞു വ്യാസപ്രസാദാത് ശ്രുതവാൻ തദ്ഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് ഥയത സ്വയം യോഗേശ്വരനായ കൃഷ്ണൻ പറഞ്ഞിട്ട് ഉള്ള ഈ ഗീതാശാസ്ത്രത്തിനെ വ്യാസന്റെ കൃപ കൊണ്ട് ഞാൻ ഇതാ കേട്ടു വ്യാസനാണ് അനുഗ്രഹിച്ചു കൊടുത്തത് വ്യാസൻ പറഞ്ഞുകൊടുത്ത് വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് കൃപ കൊണ്ട് ഞാൻ ഇത് കാണുകയും കേൾക്കുകയും ചെയ്തു യോഗേശ്വരനായ കൃഷ്ണൻ പറഞ്ഞത് ഞാനിതാം ഇങ്ങിയോട് പറഞ്ഞിരിക്കുന്നു ദിവ്യക്ഷു ദാമിതേ ദിവ്യം ചു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കണ്ട് അങ്ങോട് അങ്ങോട്ട് പറഞ്ഞു ആ കൃഷ്ണൻ ഗീത ഉപദേശിക്കുമ്പോൾ ഉള്ള ആ ദിവ്യരൂപം സ്മരിച്ച് സ്മരിച്ച് ഹേ രാജൻ ഞാൻ ആനന്ദിക്കുകയാണ് എന്ന് പറയാണ് സഞ്ജയൻ രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമദ്ഭുതം ർജുനയോ പുണ്യം ഹൃഷ്യമി ചുഹുർമുഹു ആ കേശവാർജുനന്മാരുടെ സംവാദത്തിനെ ഓർത്തോർത്തോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ് തച്ച സംസ്മൃത്യ സംസ്മൃ റൂപമത്യദ്ഭുതം ഹരെ വിസ്മയോ മേ മഹാൻ രാജൻ ഹരിഷ്യുനഃ അത്യദ്ഭുതം രൂപം ഹരിയുടെ അത്യദ്ഭുതമായ രൂപം ഗീത ഉപദേശിക്കുമ്പോഴുള്ള അത്യദ്ഭുതമായ ഹരിയിട രൂപത്തിനെ സ്മരിച്ച് സ്മരിച്ച് ഞാൻ ഇവിടെ സന്തോഷിക്കുകയാണ് ആനന്ദിക്കുകയാണ് രോമാഞ്ചകഞ്ചുഗിതനായിട്ട് തീരുകയാണ് തച്ച് സംസ്മൃത്യ സംസ്മൃത്യ രൂപം അത്യദ്ഭുതം ഹരേഹേ ആ രൂപത്തിനെ എന്താന്ന് നമ്മൾ കണ്ടില്ല സഞ്ജയന്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണല്ലോ സഞ്ജയൻ കൃഷ്ണൻ ഗീത ഉപദേശിക്കുമ്പോൾ ആ രൂപത്തിനെ ഓർത്തോർത്തോർത്ത് റോമാഞ്ചം ഉണ്ട് തച്ച റൂപം സംസ്മൃത്യ സംസ്മൃത്യ അത്യദ്ഭുതം റൂപം സംസ്മൃത്യ ഹരേ രൂപം സംസ്മൃത്യ ഹൃഷ്യാമിച്ച് പുനഃ പുനഃ വീണ്ടും വീണ്ടും വീണ്ടും എന്റെ ഉള്ളിലെ സമാധിസുഖമുണ്ടാവുകയാണ് സമാധി അനുഭവം ഉണ്ടാവുകയാണ് യോഗാനുഭവം ഉണ്ടാവുകയാണ് ആനന്ദമുണ്ടാവുകയാണ് എന്ന് പറഞ്ഞിട്ട് കിം ബഹുനാ ഇനി അധികം എന്തിനു പറയണം എത്ര യോഗേശ്വര കൃഷ്ണ യത്രാ ധനുധരീവിജയോതി യോഗേശ്വര കൃഷ്ണ എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുണ്ട് യോഗേശ്വരനായ കൃഷ്ണനുള്ളത് യോഗേശ യോഗ വിന്യാസ യോഗാത്മൻ യോഗസംഭവ എന്ന് കുദ്ധവൻ വിളിച്ചു ഭഗവാന് യോഗേശ്വരനായ കൃഷ്ണൻ എവിടെയുണ്ടോ എവിടെ ധനുർദ്ധാരിയായ പാർത്ഥന ഉണ്ടോ ജ്ഞാനോപദേശത്തിനുള്ള ഭഗവാനും കർമ്മത്തിന് ധനുർദ്ധാരിയായ പാർത്ഥനും എവിടെയുണ്ടോ അവിടെ ശ്രീ ഐശ്വര്യം വിജയം ഭൂതി സമൃദ്ധി ഈശ്വരന്റെ സമൃദ്ധി ഈശ്വരന്റെ ശക്തിവിശേഷമായ ഭൂതി അഭിവൃദ്ധി വിജയം ഇതൊക്കെ എല്ലാം അവിടെ ഉണ്ടാവും എവിടെ ഭഗവാനുണ്ടോ അവിടെ എല്ലാം ഉണ്ടാവും എവിടെ ഭഗവാനും ഭഗവത് ഭക്തനുണ്ടോ അവിടെ എല്ലാ സമൃദ്ധിയുണ്ടാവും ജയതി തേതികം ജന്മനാവൃ ശ്രയത ഇന്ദിരാ എവിടെ ഭഗവാൻ ഉണ്ടോ അവിടെ ഭഗവാന്റെ ശക്തി ശ്രീ ഈശ്വരി അവിടെ ഉണ്ടാവും ആ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഇതാണ് ധ്രുവതിർ മ ഗീതയുടെ അവസാന വാക്കാണ് മമ എന്നുള്ളത് എന്റെ മമധർമ്മ ഈ ഗീതാശാസ്ത്രം നമ്മളിവിടെ പൂർത്തി ചെയ്ത് ഗുരുവായൂരപ്പന്റെ ചരണത്തില് അർപ്പിക്കുകയാണ് ഓം തത്സതി ശ്രീമദ്ഭഗവത്ഗീതാസുനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണർജുന സംവാ മോക്ഷോ അധ്യയ സമാപം ഗീതം േ പി സുഖിന് സന്തു സന് നിരാമയാേ ഭദ്രാണി പശ്യൻ്റു മാ കിത് ദുഃഖഭാഗ് ഭത് എല്ലാവരും ക്ഷേമമായിട്ടിരിക്കണം എല്ലാവർക്കും എല്ലാ മംഗളം ഉണ്ടാവണം വീണ്ടും വീണ്ടും നമ്മള് ഭദ്രമായിട്ടുള്ളതിനെ കേൾക്കണം അറിയണം ഭദ്രം കർണ്ണേഭി ശൃണുയാമദേഹ ഭദ്രം വശേമാജത്രാഹ സ്ഥിരൈരംഗൈ തുഷ്ടുവാംസനൂരി ഭദ്രമായിട്ടുള്ളതിനെ കണ്ണുകൊണ്ട് കാണണം ഭദ്രമായിട്ടുള്ളതിനെ ചെവി കൊണ്ട് കേൾക്കണം നമ്മളുടെ ചിത്തം മംഗളമായിട്ട് സുഖമായിട്ട് ശാന്തമായിട്ടിരിക്കണം എല്ലാവർക്കും എല്ലാ ക്ഷേമം എന്ന് ഈ വ്യാസപീഠത്തിൽ ഇരുന്നുകൊണ്ട് ഗീതാശാസ്ത്രത്തിനെ നമ്മൾ പൂർത്തി ചെയ്തുകൊണ്ട് എല്ലാവർക്കും ക്ഷേമത്തിനായിട്ട് ആശംസിച്ചുകൊണ്ട് പതിനെട്ട് വർഷമായിട്ട് നടന്ന ഈ മഹായജ്ഞം നമ്മളിവിടെ ഭഗവാന്റെ ചരണത്തില് സമർപ്പിക്കുകയാണ് ഇത്രയും ഒരു വലിയ ജനതതി തന്നെ ഇവിടെ ഇത് ശ്രവണം ചെയ്ത് ധന്യമായി തീർന്നു നമ്മളുടെ ഒക്കെ ജീവിതം ഇത് ശ്രവണം ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്ക് കിട്ടി ഇത് ഏറ്റവും വലിയ ധന്യതയാണ് നമ്മളുടെ ജീവിതത്തിൽ പതിനെട്ട് വർഷം കേട്ടവർ അവരും മഹാധന്യരാണ് അന്ന് പറഞ്ഞല്ലോ നമ്മളുടെ എൻ എൻ രാമചന്ദ്രൻ സാർ ഓരോ വർഷവും പറഞ്ഞുകൊണ്ടിരിക്കും പതിനെട്ട് വർഷം നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് അരോഗദൃഢ ഗത്രനായിട്ട് അദ്ദേഹം ശങ്കിച്ച പോലെ യാതൊരു ശരീര അസ്വാസ്ഥ്യവും ഇല്ലാതെ പതിനെട്ട് വർഷം ഇരുന്ന പോലെ ഇനിയും വരുന്ന വർഷങ്ങളൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിനെ പോലെ ശ്രവണം ചെയ്തവരും ഒക്കെ ആരോഗ്യത്തോടുകൂടെ സമാധാനമായിട്ട് ശാന്തിയോടെ ഇരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാന് ഈ വാക്കുകൾ സമർപ്പിക്കുകയാണ് തുടർന്ന് നമ്മൾ കാണാം സത്യം ജ്ഞാനമനന്ത ശം പരമാകാ ഗോ പ്രാങ്കണരിണലോലയാസം പരമായാസം മാതാമം ഭുവനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പര ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദ മൃത്സ്നത്സിഹേതിയശോദാ തടനശൈശവ സാധാരതോകാലോകുർദോക യ പുരമൂല സ്തംഭം ലോകോകമനോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ത്രൈവിഷ്ട്രിപുവീരം കിതിഭാരഘ്നംഘ്നം കൈവലം നവനീതം ഭുവനം വൈമലയസ്ഫുട ചേത്തോ ി വിശേഷാഭാസമോവിം പരമാനന്ദം ഗോവിംം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം യോ മോ നാച്യം മിചിതസ്തിയ തേഷ്ടം കൂരുമാത്മനം